നിങ്ങളിൽ ഇപ്രകാരം ചെയ്യുന്ന രണ്ടു പേരുണ്ടെങ്കിൽ അവരെ രണ്ടു പേരെയും ശിക്ഷിക്കുക എന്നാൽ അവർ പശ്ചാത്തപിച്ച് സ്വയം തിരുത്തുകയാണെങ്കിൽ അവരെ നിങ്ങൾ വിട്ടുകളയുക തീർച്ചയായും അള്ളാഹു സുബഹാനഹുവ തായ പശ്ചാത്താപം സ്വീകരിക്കുന്നവരും കരുണാനിധിയുമാണ്